കൊണ്ട് <todicatoria> വറിയാൻ മാനം കൊണ്ട് <ip> മാന <coughs> നിവർത്തിയത്വരി <coughs> <coughs> <coughs> സാധനായ അനുമാനപ്രേരക അജ്ഞാനം മാനഗമ്മി അന്നങ്ങൾ അജ്ഞാനം മാന അഗമ്യമാണെന്ന് ആനുമാനത്തിലൂടെ സമർത്ഥിക്കാൻ കഴിയുന്ന ഏദന്മാന ഗമ്മേതേവാ മാനഗമ്മെന്ന ഭൗതിcore അജ്ഞാനം അന്നമാനഗമ്മേം ഏദന്മാന ഈ പറഞ്ഞ ഈ ഒരു അനുമാനം ും നിങ്ങളുടെ അനുമാനത്തിൽ എന്തുണ്ട് ൃithē ൃグウricaൾ ൃൃൃൃൃൃൃൃൃൃൃൃൃൃൃൃൃൃൃൃൃൃൃൃൃൃൃൃൃൃ ർ ൃ 않는 ൃൃൃൃ൏ multimod wrote po theraszam എന്ന് പറഞ്ഞ ഈ അനുമാനം ഈ അനുമാനത്തിലൂടെ എന്ത് ചെയ്തു മാനഗമ്യമാണ് തേ പറഞ്ഞു ഏதோ പറഞ്ഞു മാന അഗമ്യതു അപ്പോൾ ആദ്യത്തെ অনুমানത്തിൽ ഏதோ പറഞ്ഞു മാന അഗമ്യ രണ്ടാമത്തെ அனுമാനത്തിൽ നമ്മൾ অনুমানം നടത്തിതുകൊണ്ട് എന്താണ് എന്തായാലും മാന ഗമ്യമായി അപ്പോൾ ഇവിടെ വിരോദം ഉള്ള ഒരു അവസ്ഥയിൽ മാന അഗമ്യോ എന്ന് പറയുന്നു ഇവിടെ നമ്മൾ অনুমানം നടത്തിത് നമ്മൾ പ്രൂവ് നേരത്തെ ഇതിന് എന്താണ് ഈ രണ്ടുമാനത്തിലും അഭാവം മാനഗമ്യമാണെന്ന് പറയുന്നില്ല പക്ഷെ ആദ്യത്തെ അനുമാനത്തിൽ ഏരികീന്ദ്ര പോ നേരത്തെ പറഞ്ഞದು ഇതും നമ്മൾ വിരോദം വിരോദം മാന അഗമ്യമെന്നു പറഞ്ഞേറെ അടുത്ത മാന അഗമ്യമല്ല വിരോദം നസോ വചനം വ്യാഖാത ഭുറുപ്ര പറയുന്നു എന്നാച്ചാ ആത്മനോ அனுമാനേന അവ്യദ്യുക്ത സാധനേവ നസോ വചനം വ്യാഖാത യോഗ്യത്വം <laughs> പറയുക നിങ്ങൾ ഇങ്ങനെ അനുമാനം നടത്തുമ്പോ ഈ അനുമാനത്തിന് വിഷയമായി സമയത്തിൽ <ísim> വേദ്യം എന്ന് പറയുന്നതിലെ വ്യത്യാസമുണ്ട് അത് വേദ്യം എന്ന് പറയുന്നത് വൃത്തിവ്യാപ്തി ഉണ്ട് എന്നാണ് അവേദ്യം എന്ന് പറയുന്നത് ഫലം വ്യാപ്തി ഇല്ല വൃത്തി സ്വസ്ഥ ചിദാഭാസം ദേവോവേദ Caucor Thank you. 欢 Popo V expand. regono spirit 啵brty Tanra Kumvaso ensuring that matter 加 it Capo Vaharani atarani andHakornabrutti Kombo Vangamo അനുവൃത്തിതന്നെ ചിത്തെ ഛായയുണ്ടതായി ചിദാവാസനുണ്ട് രണ്ടും ഘടാകാരമായി പരിണമിക്കുന്നു അനുവൃത്തി തസ്ത ചിദാഭാസോ വ്യാപനതോ അവർനം ചെയ്തിരിക്കുന്ന അജ്ഞാനം അന്തർ കണ്ണ പ്രതിയുണ്ട് സിദാഭസേന കടസ്പ്രയ അവിടെ എന്താണ് ആവൃത്തിയിൽ ഉണ്ടായിരുന്ന സിദാഭാസം കടത്തെ പ്രകാശിപ്പിക്കീതാണ് പഞ്ചദശീഗരം പറഞ്ഞിരിക്കുന്നു അവിടെ എന്താണ് വൃത്തി റിവുണ്ടാകുമ്പോ തി വ്യാപതിവണം ബ്രഹ്മണ്യജ്ഞാനനാസായ വൃത്തി വ്യാപതി രവീക്ഷദ ബ്രഹ്മത്തിലുള്ള അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ബ്രമത്തെയാണ് ചെയ്തിരിക്കുന്നത് നശിപ്പിക്കinnaker എന്തു വേണം വൃത്തി വ്യാപതി സ്വയം പ്രകാശരൂപत्व വൃത്തി വ്യാപതി എന്ന് പറഞ്ഞാൽ വൃത്തി തദാകാരമായി പരിണാമിക്കുക پہ سے زیبید و جائے ൃ geschی؟ ൌ seni ൃൃൄൃൃൃൊൃൃൃൃൃൃൃൃൃൃൃൃൃൃൃൃൃൃൃൃ വൃത്തി ചെന്നിട്ടായിരുന്നു നശിപ്പിക്കുന്നത് പലയിടത്തും പോയിട്ട് അന്തക്കന്നവൃത്തി നസിപിച്ചിട്ട് ബ്രഹ്മത്തെ പ്രവാസിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു വൃത്തി വ്യാപ്തി ഉള്ളതുകൊണ്ട് എന്നെ വേദ്യമെന്നു പറയാൻ പറ്റില്ല. ഫലവ്യാപ്തി കൂടന്നു കഴിഞ്ഞാൽ വേദ്യമോ ബ്രഹ്മം അവേദ്യമോ. അനുമാനം കൊണ്ടെ സംഭവിച്ചോടേ വൃത്തി വ്യാപ്തി ഉണ്ടാകും ഫലവ്യാപ്തി ഉണ്ടാകുമേ. ചെയ്യീകണം എന്താണ് അജ്ഞാനം നമാനഗമ്യം മാനനവർത്തിത്വ എന്ന് പറഞ്ഞിടത്ത് അജ്ഞാനത എന്നുണ്ട് ഈ ഹനുമാനтруട അജ്ഞാനം വൃത്തി വ്യാപതിയുള്ളതാണ് బలവ്യാപ്തി ഇല്ലാത്തതുകൊണ്ട് എന്താണ് അദമാന ക്ഷി <coughs> പറ <laughs> <hansum> <hansum> <hansum> അധ്യാനിങ്ങനെ അത് പോർവക്ഷേ പറയുന്നത് പറഞ്ഞു വെച്ചു സമാനം കോവചല വ്യാകാദം ദോഷം കമ്പതി അവിടെ എങ്ങനെയാണോ വ്യാകാദം ഇല്ലാത്തത് ആത്മാവിന്റെ കാര്യത്തിൽ അവരോടേ വ്യാകാദം ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ അനുമാനത്തെ തുടർന്നു വരുന്ന കാര്യമാണ് പറയു ത്വസ്ത്രവൃത്തിം വ്യാപ്യേത്വി ഫലം വ്യാപ്യേത്വേന വിരോധം എന്തുകൊണ്ടാണ് ആത്മാവിന്റെ കാര്യത്തിൽ വൃത്തിം വ്യാപ്യേത്വുകൊണ്ട് ചേട്ടുകൊണ്ട് బలമ്യാക്തിയില്ല അവിദ്യയേത്തുകൊണ്ട് അതുകൊണ്ട് അഭ്യാ എന്ന് പറഞ്ഞാൽ എന്താണ് വേദ്യതും അവേദ്യതും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം രണ്ടാണ് വേദ്യത എന്ന് പറഞ്ഞാൽ അവിദ്യ എന്ന് പറഞ്ഞാൽ വേദ്യതത്തിന്റെ അഭാവം എന്നുള്ളത് അവിദ്യത എന്ന് പറഞ്ഞാൽ വേദ്യതത്തിന്റെ അഭാവം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തെ വേദ്യതയും അവിദ്യതയും ഇരട്ടല്ല പക്ഷേ വേദ്യത എന്ന് പറഞ്ഞാൽ ался、газ núpyamete om choi einer Ski, Mechanized of Marnрон it Daveed Venti Bhyadthee, 1.5 theory thatiałem that part 1.4 theory week 7 people sought lentceu dad's Ichi assistant. Shri den nee I'm here. But the Ski is there, fo this Harsha? Mus God как? Huh. howva. 우리가 wa త్రతః ప్రతి వ్యాపిత్యో వితత్రం అనురణ్యన హ్ అబ్బాన గురించి പറഞ്ഞ�తో వృతి వ్యాపిత్యం ఉండെങ്കിലും బలం వ్యాప్ బలం అం వ్యాప్తి ఏతైలా బలం వ్యాప్తి ఏద్దేనతో ఉండండి అమిరోదః కొడ బల వ్యాప్తి ఇలా ఇగట അജ്ഞാനത്തിൽ വൃത്തി വ്യാപിച്ചത സ്വീകരിക്കുന്ന അജ്ഞാനത്തിൽ ജ്ഞാനാഹാരത്തിൽ വൃത്തി വ്യാപിക്കുന്നു വൃത്തി എപ്പോഴും വ്യാപിക്കുന്ന എങ്ങനെ വിഷയാഹാരത്തരാണ് വിഷയഹാരത്തിൽ ആണ് വൃത്തി വ്യാപിക്കുന്നത് വ്യാപിച്ച ജ്ഞാനത്തെレシピ ണ parch� Auf ഽങ ചസ entertain പിചണ്ിഽചൎലറ് ചിർി കള representations സിoa opacity ഒയച്ചaghetti ഒനയർറ ഥളസി HTTP ഖാച്ണ വല ണാചി Horizon നഴുചർരയഠ് ാഇർ ഔ ഔ darree ലർറ സ ടwościを聞く ധശങ മറomedical ഇഴ൙ നഴ നി വൃത്തി വ്യാപിക്കണമെങ്കിൽ അതവിടെ വേണ്ടേ അതില്ല അദ്വീതമതം അനുസരിച്ച് എന്താണ് അധ്ഞാനം പറഞ്ഞു എന്താണ് അജ്ഞാനമാനഗമ്യം മാനനവർത്തിത്വ പ്രമാണം കൊണ്ട് ഇല്ലാടാകുന്ന ഒന്ന് പ്രമാണത്തിനെ വിഷയമാകുന്നില്ല അങ്ങനെ നിയമമില്ല അങ്ങനെ പറയാൻ പറ്റില്ല പ്രമാണം കൊണ്ട് നശിക്കുന്ന ഒന്നും പ്രമാണത്തിൻ വിഷയം എങ്ങനെയാണ് നജ പ്രമാണം դവർത്തി പ്രമാണം അഗമ്യത്ത് നിയമം താടാകുന്ന ഒരു പ്രമാണത്തിനെ വിഷയം ആവ വിഷയമല്ല എന്ന് നിയമമില്ല. വിഷയപ്രമാണത്തിനെ വിഷയമാവുന്നു പ്രമാണം കൊണ്ട് വെശിക്കാം. ഉദാഹരണം പറയുന്നു പ്രത്യഭിജ്ഞാന പ്രമാണം വർത്യസ്യ തദ് හේദവോ സംസ്കാരസ്യ നित्यവരോക്ഷദയ